പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത് സർവശക്തിയുള്ള ദൈവമായ കർത്താവേ നിന്റെ പ്രവർത്തികൾ വലുതും അത്ഭുതവുമായവ സർവ്വജാതികളുടെയും രാജാവേ നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ കർത്താവെ ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും നീയല്ലോ ഏകപരിശുദ്ധൻ നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിയിൽ നമസ്കരിക്കും ഇതിന്റെ ശേഷം സ്വർഗത്തിലെ സാക്ഷി കൂടാരമായ ദേവാലയം തുറന്നത് ഞാൻ കണ്ടു ഏഴുബാധയുള്ള ഏഴു ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായുള്ള ക്ഷണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയും കൊണ്ട് ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടുവന്നു അപ്പോൾ നാല് ജീവികളിൽ ഒന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ ഏഴ് പൊൻകലശം ആ ഏഴു ദൂതന്മാർക്ക് കൊടുത്തു ദൈവത്തിന്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുകകൊണ്ട് നിറഞ്ഞു ഏഴ് ദൂതന്മാരുടെ ബാധ ഏഴും കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല